ധാര്യം വഴിയായി വരുന്നു എന്ന് തെക്കേ ദേശത്ത് വസിച്ചിരുന്ന കനാന്യനായ അരാധരാജാവ് കേട്ടപ്പോൾ അവൻ ഇസ്രയേലിനോട് യുദ്ധം തുടങ്ങി ചിലരെ പിടിച്ചുകൊണ്ടുപോയി അപ്പോൾ ഇസ്രയേൽ യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്നു ഈ ജനത്തെ നീ എന്റെ കൈയിൽ ഏൽപ്പിച്ചാ ഞാൻ അവരുടെ പട്ടണങ്ങൾ ശപദാർപ്പിതമായി നശിപ്പിക്കും എന്ന് പറഞ്ഞു യഹോവ ഇസ്രയേലിന്റെ അപേക്ഷ കേട്ടു കനാന്യരെ ഏൽപ്പിച്ചുകൊടുത്തു അവർ അവരെയും അവരുടെ പട്ടണങ്ങളെയും ശപദാർപ്പിതമായി നശിപ്പിച്ചു ആ സ്ഥലത്തിന് ഹോർമ എന്നു പേരായി പിന്നെ അവർ ഏതോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർപർവ്വതത്വങ്ങളിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടുവിട്ടു വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രൈൻ ദേശത്തുനിന്ന് കൊണ്ടുവന്നത് എന്തിന് ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല ഈ സാരമില്ലാത്ത ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നി സർപ്പങ്ങളെ അയച്ചു അവ ജനത്തെ കടിച്ചു ഇസ്രയേലിൽ വളരെ ജനം മരിച്ചു ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞു മോശ ജനത്തിനുവേണ്ടി പ്രാർത്ഥിച്ചു യഹോവ മോശയോടെ ഒരു അഗ്നി സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞുറഞ്ഞു അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്രസർപ്പത്തെ നോക്കിയാൽ ജീവിക്കും അനന്തരം ഇസ്രയേൽ മക്കൾ പുറപ്പെട്ട് ഓഗോത്തിൽ പാളയമിറങ്ങി ഓഗോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് സൂര്യോദയത്തിന് നേരെ മോവാബിന്റെ കിഴക്കുള്ള മരുഭൂമി ഇയെ അബാരീമിൽ പാളയമിറങ്ങി അവിടെ നിന്ന് പുറപ്പെട്ട് സാരേ താഴ്വരയിൽ പാളയമിറങ്ങി അവിടെ നിന്ന് പുറപ്പെട്ട് അമോര്യരുടെ ദേശത്തുനിന്ന് ഉത്ഭവിച്ച് മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന അർണോൻ തോട്ടിനരികെ പളയമിറങ്ങിറങ്ങി അർണോൻ മോവാബിനും അമോരിയർക്കും മധ്യേ മോവാബിനുള്ള അതിരാകുന്നു അതുകൊണ്ട് സൂഫയിലെ വാഹേബും അർണോൻ താഴ്വരകളും ആരിന്റെ നിവാസത്തോളം നീണ്ടു മോവാബിന്റെ അതിരോട് ചാഞ്ഞിരിക്കുന്ന താഴ്വര ചെരുവ് എന്നിങ്ങനെ യഹോവയുടെ യുദ്ധപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു അവിടെ നിന്ന് അവർ വേരിലേക്ക് പോയി യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക ഞാൻ വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് ആ സമയത്ത് ഇസ്രയേൽ കിണറെ പൊങ്ങിയുവാ അതിന് പാടുവീ പ്രഭുക്കന്മാർ കുഴിച്ച കിണർ ജനശ്രേഷ്ഠന്മാർ ചെങ്കോൽ കൊണ്ടും തങ്ങളുടെ ദണ്ടുകൾ കൊണ്ടും കുത്തിയക്കിണ എന്നുള്ള പാട്ട് പാടി പിന്നെ അവർ മരുഭൂമിയിൽ നിന്ന് മഥാനും മഥാനയിൽ നിന്ന് ബാമോത്തിനും ബാമോത്തിൽ നിന്ന് മോവാബിന്റെ പ്രദേശത്തുള്ള താഴ്വരയിലേക്കും മരുഭൂമിക്കെതിരെയുള്ള പിസ്ഗ മുകളിലേക്കും യാത്ര ചെയ്തു അവിടെ നിന്ന് ഇസ്രയേൽ അമോര്യരുടെ രാജാവായ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു ഞാൻ നിന്റെ ദേശത്തുകൂടി കടന്നുപോകുവാൻ അനുവദിക്കണമേ ഞങ്ങൾ വയലിലെങ്കിലും മുന്തിരിത്തോട്ടത്തിലെങ്കിലും കയറുകയില്ല കിണറ്റിലെ വെള്ളം കുടിക്കുകയുമില്ല ഞങ്ങൾ നിന്റെ അതിർ കഴിയും വരെ രാജപാതയിൽ കൂടി തന്നെ പൊയ്ക്കൊള്ളാം എന്ന് പറയിച്ചു എന്നാൽ തന്റെ ദേശത്തു കൂടി ഇസ്രയേൽ കടന്നു പോകുവാൻ സമ്മതിക്കാതെ തന്റെ ജനത്തെയെല്ലാം ഒന്നിച്ചു കൂട്ടി ഇസ്രയേലിന്റെ നേരെ മരുഭൂമിയിലേക്ക് അവൻ യാഹാസിൽ വന്ന് യുദ്ധം ചെയ്തു ഇസ്രയേൽ അവനെ വാളിന്റെ വൈത്തല കൊണ്ട് വെട്ടിയെത്തി അർണോൻ മുതൽ യബോക്കുവരെയും അമ്മോന്യരുടെ അതിർവരെയുമുള്ള അവന്റെ ദേശത്തെ കൈവശമാക്കി അമൂന്യരുടെ അതിരോധ ഈ പട്ടണങ്ങളെല്ലാം ഇസ്രയേൽ പിടിച്ചു അങ്ങനെ ഇസ്രയേൽ അമൂര്യരുടെ എല്ലാ പട്ടണങ്ങളിലും കുടിപാർത്തി ഹെഷ്ബോനിലും അതിന്റെ സകല ഗ്രാമങ്ങളിലും തന്നെ ഹെഷ്ബോൻ അമൂര്യരുടെ രാജാവായ സീഹോന്റെ നഗരം ആയിരുന്നു അവൻ മുമ്പലത്തെ മോവാബ് രാജാവിനോട് പടയെടുത്ത് അർനോൻ വരെയുള്ള അവന്റെ ദേശമൊക്കെയും അവന്റെ കൈയിൽ നിന്ന് പിടിച്ചിരുന്നു അതുകൊണ്ട് കവിവരന്മാർ പറയുന്നത് ഹെഷ്ബോനിൽ വരുവിൻ സീഹോന്റെ നഗരം പണുതുറപ്പിക്കട്ടെ ഹെഷ്ബോനിൽ നിന്ന് തീയും സീഹോന്റെ നഗരത്തിൽ നിന്ന് ജ്വാലയും പുറപ്പെട്ടു മോവാബിലെ അരിനെയും അർണോൻ തീരത്തെ ഗിരി നിവാസികളെയും മോവാബേ മോവാവെ നിനക്ക് ആകർഷ്ടം കെമോഷിന്റെ ജനമേ നീ മുടിഞ്ഞിരിക്കുന്നു അവൻ തന്റെ പുത്രന്മാരെ പലായനത്തിനും പുത്രിമാരെ അമൂര്യരാജാവായ സീഹോന് അടിമയായും കൊടുത്തു ഞങ്ങളവരെ അമ്പെയ്തു ദീപോൻ വരെ ഹെഷ്ബോൻ നശിച്ചു മെദബ വരെയുള്ള നോഫയോളം അവരെ ശൂന്യമാക്കി ഇങ്ങനെ ഇസ്രയേൽ അമോര്യരുടെ ദേശത്ത് കുടിപാർത്തുർത്തു അനന്തരം മോശ യസേറിനെ ഒറ്റുനോക്കുവാൻ ആളയ ചൂച്ചു അവർ അതിന്റെ ഗ്രാമങ്ങളെ പിടിച്ചു അവിടെയുള്ള അമോര്യരെ ഓടിച്ചു കളഞ്ഞു പിന്നെ അവർ തിരിഞ്ഞ് ബാഷാൻ വഴിയായി പോയി ബാഷാൻ രാജാവായ ഓഗ തന്റെ സകലാ ജനവുമായി അവരുടെ നേരെ പുറപ്പെട്ടുവിട്ടു എദ്രയിൽ വെച്ച് പടയേറ്റു അപ്പോൾ യഹോവമോശയോട് അവനെ ഭയപ്പെടേണ്ട അവനെയും അവന്റെ സകല ജനത്തെയും അവന്റെ ദേശത്തെയും ഞാൻ നിന്റെ കൈയിൽ ഏൽപ്പിച്ചിരിക്കുന്നു നീ ഹെഷ്ബോനിൽ പാർത്ത അമൂര്യരാജാവായ സീഹോനോട് ചെയ്തതുപോലെ അവനോടും ചെയ്യും എന്നരുൾ ചെയ്തു അങ്ങനെ അവർ അവനെയും അവന്റെ പുത്രന്മാരെയും അവന്റെ സകല ജനത്തെയും ഒട്ടൊഴിയാതെ സംഹരിച്ചു അവന്റെ ദേശത്തെ കൈവശമാക്കുകയും ചെയ്തു